നന്തവും നൈസർഗികവും അധ്യാസവും മിഥ്യാപ്രത്യൂപാസമെന്ന് പറയുന്നത് അനാദിയാണ് അനന്തമാണ് സ്വാഭാവികമാണ് മിഥ്യാപ്രയെന്ന് വെച്ചാൽ മിഥ്യാജ്ഞാന രൂപം ഇപ്പോൾ ഭാഷയത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അധ്യാസം എന്ന് പറയുന്നത് അനാദിയാണ് ഭാമധികാരം പറയുന്നത് കാര്യകാരണ അവിദ്യാദ്വയം കാര്യരൂപത്തിലും കാരണരൂപത്തിലും അവിദ്യ രണ്ടുണ്ടെന്നാണ് അപ്പൊ ഇവിടെ ആണ് അദ്വൈതികളിൽ രണ്ടുപക്ഷ രണ്ടു കൂട്ടുക പറയുന്നത് എന്താണ് ഭാമതികാരം പറയുന്ന പോലെ തന്നെ രണ്ടവിദ്യ ഉണ്ട് ഒന്ന് മൂലാവിദ്യ മറ്റൊന്ന് അധ്യാസം കാര്യവിദ്യ എന്നും പറയും മൂലാവിദ്യ അല്ലെങ്കിൽ കരുണാവിദ്യ അധ്യാസം കാര്യവിദ്യ അങ്ങനെ രണ്ടെണ്ണം പറയും ഇതാണ് ഒരു കൂട്ടർ പറയുന്നത് അപ്പൊ ഇതിലെ ഈ കാര്യവിദ്യ എന്ന് പറയുന്നത് അത് അതായത് അധ്യാസ അനാദി അല്ലെന്നാണ് അവരുടെ പക്ഷം ഇവിടെ പറഞ്ഞിരിക്കുന്ന അധ്യാസം അനാദി യും നശിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് അനാദി അനാദിയല്ല പക്ഷെ കരുണാവിദ്യ എന്ന് പറയുന്നത് അനാദിയാണ് കരുണാവിദ്യ കൊണ്ട് ബ്രഹ്മം അവച്ഛിന്നമാകുമ്പോൾ ജീവാത്മാവ് ഉണ്ടാകും കരണാവിദ്യ കൊണ്ട് ബ്രഹ്മം അവച്ഛിന്നമാകുമ്പോൾ ജീവാത്മാവ് ഉണ്ടാകും ഈ ജീവാത്മാവിലാണ് അധ്യാസം നടക്കുന്നത് അധ്യാസത്തിന് ആധാരമായിരിക്കുന്ന ആ ജീവാത്മ ചൈതന്യമാണ് ഇതൊക്കെ ഭാഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാഷ്യത്തെ വ്യാഖ്യാനിച്ചിട്ടാണ് ശ്രുതിയെ അദ്വൈതം വിശിഷ്ടാദ്വൈതം ഇങ്ങനെ പലതരത്തിൽ വ്യാഖ്യാനിച്ച് പല സിദ്ധാന്തം ഉണ്ടാക്കും പോലെ ഭാഷ്യത്തെ പലതരത്തിൽ വ്യാഖ്യാനിച്ച് പല സിദ്ധാന്തങ്ങളുണ്ടാക്കുന്നുണ്ട് അതിലൊന്നാണ് ഇവിടെ ഈ പറയുന്ന അവിദ്യ രണ്ടവിദ്യണ്ടെന്നാണ് പക്ഷേ മറ്റൊരു കുട്ടികൾ പറയുന്നത് എന്താണ് അവിദ്യ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അത് അനാദിയാണ് തന്നെയാണ് അത്യാസം വിദ്യാസം രണ്ടെണ്ണം കരണാവിദ്യ കാര്യവിദ്യ എന്ന് പറയുന്ന രണ്ടെണ്ണം ആ വിദ്യ തന്നെയാണ് അധ്യാസമായിരിക്കുന്നത് അങ്ങനെ വരുമ്പം പ്രപഞ്ചമിഥ്യാത്വം പ്രപഞ്ച നാനാത്വം ഇതിനെല്ലാം കാരണമായിരിക്കുന്ന വിദ്യ അത് അധ്യാസം അത് അനാദിയായിരിക്കുന്ന ആദ്യമുള്ള രണ്ടവിധ്യുള്ളവർ പറയുന്നത് എന്താണ് പ്രളയം സുഷുതി ഇവിടെ എന്താ കാരണാവിദ്യ മൂലാവിദ്യ ഉണ്ട് എന്നാൽ കാര്യവിദ്യ അധ്യാസം ഇല്ലെന്നാണ് അവര് പറയുന്നു മൂലാവിദ്യയുണ്ട് സുഷുയിലും പ്രളയത്തിലും ഇല്ല പക്ഷെ കാര്യവിദ്യ അധ്യാസം ഇല്ല എന്നാണ് പറയുന്നത് ആ ഒരു കൂട്ടർ പിന്നെ അവിദ്യയാണ് അതായത് അധ്യാസമാണ് ഈ പ്രപഞ്ചത്തെ കൽപ്പിക്കുന്നത് ഏകാവിദ്യാവാദി എന്ന് പറയുന്നത് അവിദ്യ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത് മായ അഭ്യാകൃത എന്നൊക്കെ പറയുന്നത് ബ്രഹ്മശക്തിയാണ് പക്ഷെ ഈ ശക്തിയെല്ലാം അധ്യാസം കൊണ്ട് കൽപ്പിക്കുന്ന അധ്യാസമാകുന്ന അവിദ്യ കൊണ്ട് കൽപ്പിക്കുന്ന അധ്യാസം തന്നെയാണ് അവിദ്യ അത് ഒന്നാണ് അത് അനാദിയാണ് അതുകൊണ്ട് കത്തിക്കുന്നതാണ് മായാ വ്യാകൃതം എന്ന് തന്നെ പറയുന്നത് ഈശ്വരന്റെ മായാശക്തി എന്ന് പറയുന്നത് അവിദ്യാവല്പിതമാണ് നിങ്ങൾക്ക് ഒരു ഭാഷ്യപ്രമാണങ്ങൾ ഉദ്ധരിച്ച് സുഷുതിയില് എന്തുകൊണ്ട് സുഷുതിയില് മൂലാവിദ്യ ഉണ്ടെന്നുള്ളത് തന്നെയാണ് അവര് ഏകാവിദ്യ ഉണ്ടെന്ന് പറയുന്നതുപോലെ സുഹൃത്തേക്ക് മൂലാവിദ്യയില്ല പക്ഷേ അവിദ്യാകാമകർമ്മങ്ങളെല്ലാം അവിടെയുണ്ട് അതുകൊണ്ടാണ് സുഹൃത്തുക്കയിൽ മുക്തനാകാത്തത് ജാനം കൊണ്ട് അവിദ്യാകാമകർമ്മങ്ങളൊക്കെ നശിക്കുമ്പോഴേ മുക്തി ഉണ്ടാകത്തു അപ്പം അവിദ്യ ഒന്നേ ഉള്ളൂ അതുതന്നെയാണ് അധ്യാസം ഇങ്ങനെ ഇവിടെ അദ്വൈതികളിൽ രണ്ടു വർഷക്കാർ അതായത് ഒന്ന് മൂലാവിദ്യയും കാര്യവിദ്യയും അംഗീകരിക്കുന്നവരും ഒരാള് ഒരു കൂട്ട ഒന്നേ ഉള്ളൂ എല്ലാ വിദ്യ കല്പീരമാണ് ആ വിദ്യ തന്നെ അധ്യാസം എന്ന് പറയുന്നവരും മൂലാവിദ്യയും കാര്യവിദ്യയും സ്വീകരിക്കുന്നവര് മൂലാവിദ്യയല്ല അധ്യാസം കാര്യവിദ്യയാണ് അധ്യാസം എന്ന് പറയുന്നത് ഇങ്ങനെ അവിദ്യയെ സംബന്ധിച്ച് വലിയ തർക്കമുണ്ട് അത് തീരുന്ന തർക്കമുണ്ട് ഇവർക്കെല്ലാവർക്കും അവരവർ പറയുന്നതിന് ഭാഷ്യമാണ് ഭാഷ അനുസരിച്ച് അവര് കല്പിതമാണ് മായ എന്ന് പറയുന്ന ഭാഷ ഭാവങ്ങളുണ്ട് അപ്പൊ അവിദ്യയാണ് അന്ത്യാസം അതുകൊണ്ട് കല്പിതമാണ് മായ എന്ന് പറയാം പിന്നെ അവിദ്യാത്മികന്ന് പറയുന്ന ഭാവമുണ്ട് അപ്പൊ തന്നെയാണ് മായ എന്ന് വെച്ചാ മൂലാവിദ്യ കരുണാവിദ്യ അത് വെച്ചാ അങ്ങനെയും വ്യാഖ്യാനിക്കാം എന്നുവെച്ച ശ്രുതി എങ്ങനെയാണോ ഓരോ സിദ്ധാന്തക്കാർക്കും അദ്വൈതിക്ക് വ്യത്യസ്തിയുണ്ട് ഇഷ്ടാദ്വീതിക്ക് വ്യത്യസ്തയുണ്ട് അതുപോലെ തന്നെ ഭാഷവാക്യങ്ങളും ഈ സിദ്ധാന്തത്തിനൊക്കെ അനുകൂലമായ ഭാഷവാക്യങ്ങളാണ് ഏതാണ് ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും ഏതാണോ അവരുടെ സിദ്ധാന്തമായി സ്വീകരിച്ചിരിക്കുന്നത് അത് അവർക്ക് ചെയ്യും ഒരാളിതാണ് എന്റെ സിദ്ധാന്തം ഒരാൾ പറയുന്നു എന്താണ് അധ്യാസം തന്നെയാണ് അവിദ്യ വേറെ അവിദ്യയില്ലെന്ന് പറഞ്ഞാൽ അയാളുടെ സിദ്ധാന്തം അയാൾക്ക് വേറെ ആള് പറയുന്നു അധ്യാസം വേറെ അവിദ്യ വേറെ അവിദ്യ വേറെ മായ വേറെ അവിടെയും വ്യത്യാസമുണ്ട് അവിദ്യ അല്ലെങ്കിൽ അധ്യാസം കൊണ്ട് കല്പിതമാണ് മായ എന്ന് പറഞ്ഞാൽ മായവേറെ അവിദ്യ വേറെ അല്ല മൂല അവിദ്യാവാദികൾ പറയും മൂലഅവിദ്യ തന്നെയാണ് മായ അപ്പൊ അവിദ്യയും മായയും ഒന്നും അതുകൊണ്ട് തന്നെ അവിദ്യയും മായ ഒന്നാണെന്നും അവിദ്യയുമായി രണ്ടാണെന്നും രണ്ടു വർഷവും മൂലാവിദ്യയാണ് മായ എന്ന് പറഞ്ഞ ഇവിടെ ഈ അധ്യാസവാദികൾ എന്താണ് മായ മായ സ്വീകരിക്കുന്നുണ്ട് അല്ലാതെ അവിദ്യാരൂപത്തിലുള്ള മായ സ്വീകരിക്കുന്നുണ്ട് അപ്പൊ അതിന് ശരിയെന്ന് കണ്ടെത്താൻ പോയ പ്രയാസമാണ് ഇത് ഓരോരോ വ്യാഖ്യാതാക്കളുടെ സിദ്ധാന്തങ്ങളാണ് അവിദ്യ കല്പിതമായ പറയുന്നവർ അധ്യാസമാണ് അവിദ്യ എന്ന് പറയുന്നവരവർക്ക് രണ്ടാവിദ്യ ഇല്ല അതിനൂടെ എന്താണ് പണ്ഡിത അവിദ്യ മന്യന്തേ അധ്യാസത്തെ കുറിച്ച് പറഞ്ഞതിനു ശേഷം അവിടെ പറയും പണ്ഡിതന്മാർ അവിദ്യ എന്ന് പറയുന്നൂടെ പറയും അവരുന്ന അധ്യാസം തന്നെ അവിദ്യ അവിദ്യ അങ്ങനെ പറയുന്ന വാക്യങ്ങളുണ്ട് ഭാഷ അപ്പൊ മൂലാവിദ്യ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല വേണമെങ്കിൽ മായെ പറയാം പക്ഷെ അത് ആ വിദ്യ ഓരോരോ സിദ്ധാന്തങ്ങൾ എന്നേ അതുകൊണ്ട് എന്താണ് ുണ്ട് ആ ഉപാദാനം ആണ് മൂലാവിദ്യ എന്ന് പറയുന്നവരുണ്ട് അധ്യാസത്തിന്റെ ഉപാധാനമാണ് മൂലാവിദ്യ അപ്പൊ രണ്ടവിദ്യ അത് നമ്മുടെ ഭാഗികാരം പറയുന്നത് കാരണ കാര്യ കാരണാവിദ്യാദ്വയവും അവിടെ അധ്യാസത്തിനുപാദാനമായി മൂലാവിദ്യ സ്വീകരിക്കുന്നു എന്നാങ്ങനെ ഒന്നില്ല ുപാദാനമായിരിക്കുന്ന ചൈതന്യം തന്നെ അധ്യാസത്തിനുപാദാനമായി വേറൊരു അവിദ്യയില്ല ചൈതന്യം തന്നെയാണ് ഉപാധാനമായി പിന്നെ ബാക്കി സർവ്വതും വിദ്യാത്വം എല്ലാം എന്താണ് അത് അവിദ്യ കല്പിതമാണ് അപ്പൊ അധ്യാസം എന്നാൽ അവിദ്യ അതാണ് ഒരുപക്ഷം പറയുന്നത് അങ്ങനെ കല്പിക്കുമ്പോ വേറെയുണ്ട് ഈ മൂലാവിദ്യയും കാരണാവിദ്യയും കാര്യവിദ്യയും കാര്യവിദ്യ തൂലാവിദ്യ എന്നും പറയും അപ്പോ ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്നത് മൂലാവിദ്യ രജ്ജസർപ്പത്തിന് കാരണമായിരിക്കുന്നത് തൂലാവിദ്യ എന്ന് പറയും ഇപ്പൊ തൂലാവിദ്യ എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് മൂലാവിദ്യ ഉണ്ട് അതുപോലെ തൂലാവിദ്യ ഉണ്ട് കല്പിതമായ രജതം ഉണ്ടാകുന്നു അത് ഉണ്ടാകുകയും നിലനിൽക്കുകയും നശിക്കുകയും ചെയ്യുന്നു കല്പിത രജതത്തിന്റെ ഉത്പത്തിയെ സ്വീകരിക്കുന്നു തൂലാ വിദ്യ സ്വീകരിക്കുന്നവര് കല്പിതമായ രചതത്തിന്റെ ഉത്പത്തി നാശവും സ്വീകരിക്കുന്നു കല്പിതമാണെങ്കിലും അതിന്റെ ഉത്പത്തിയും നാശവും അശ്വമിയുടെ അധ്യാസമാണ് വിദ്യ എന്ന് പറയുന്നവര് രജതം എന്ന് പറയുന്നത് കേവലം പ്രതീതിയാണ് അവിടെ വസ്തുല്ല എന്നാണ് അവര് പറയുന്നത് ഇതും രചതം എന്ന് പറയുന്നിടത്ത് കൽപ്പിതമായ രജതമോ അല്ലെങ്കിൽ കൽപ്പിതമായ സർപ്പമോ എന്നൊക്കെ പറയുന്നിടത്ത് അവിടെ വസ്തുവില്ല കേവലം പ്രതീതിയുള്ളൂ എന്നാണ് പക്ഷേ മൂലാവിദ്യവാദികൾ എന്താ പറയുന്നു തൂലാവിദ്യ കൊണ്ട് അവിടെ ഒരു വസ്തു ഉണ്ടാകുന്നു എന്നാണ് പ്രാതിഭാസിക രഹത ഒരു വസ്തുവാണെന്നാണ് പറയുന്നത് അതിനെ ഒരു അനുവചനീയ രഹിതം എന്ന് പറയും മൂലാവിദ്യവാദികളെന്ന് പറയുന്നു അനുവനീയമായ രജതത്തിന്റെ ഉത്പത്തി സ്ഥിതി നാശം ഒന്നും സ്വീകരിക്കും അധ്യാസവാദികൾ എന്താ പറയുന്നത് അങ്ങനെയില്ല അവിടെ രജതം എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ടാകുന്നില്ല പ്രാതിഭാസികമായ രഹതത്തിന്റെ ഉത്പത്തിയെ സ്വീകരിക്കുന്നില്ല പിന്നെ എന്താണ് രജതം എന്ന് പറയുന്നത് കേവലം ഒരു പ്രതീതി മാത്രമാണ് അങ്ങനെ അവിടെ എന്താണ് അനുവജനി അനർവചനീയ രചന അവിടെ ഉത്പന്നം ആകുന്നില്ല ഇതൊക്കെ ഇപ്പോ ഒരു കൂട്ടരെ അധ്യാസവാദികളെന്ന് പറയും അധ്യാസവിദ്യ ഒന്നെന്ന് പറയുന്നവർ മറ്റവര് അവിദ്യാവാദികളെന്ന് പറയും മൂലാവിദ്യയും തൂലാവിദ്യയും ഉണ്ടെന്ന് പറയുന്നവർ ഇത് അദ്ദേഹത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കാഴ്ചപ്പാടുകളുണ്ട് അതിനെ തുടർന്ന് പിന്നെ പല വ്യാഖ്യാനങ്ങളും ഉണ്ട് ഈ രണ്ടുപേര് എന്താണ് ചൈതന്യമാണ് മൂലാവിദ്യാവാദികൾ എന്താണ് പറയുന്നത് അധ്യാസത്തിന് ഉപാധനമായിരിക്കുന്നത് മൂലാവിദ്യമായിട്ടും അത് അധ്യാസം കൊണ്ട് എന്തെയ്യുന്നു മായെ കല്പിക്കുന്നു കല്പിതമായ മായയിൽ പരിണാമം കാണണം പക്ഷെ അത് മൂലാവിദ്യയല്ല ഒരു ശക്തിയെ കൽപ്പിക്കുന്നു ചിത് ശക്തി അതിനാവിദ്യ കൊണ്ട് കല്പിക്കുകയാണ് പരിണാമമൊക്കെ സ്വീകരിക്കാം കല്പിതമായി പരിണാമം സംഭവിക്കാം അതിനൊന്നും അപ്ര വ്യത്യാസമില്ല പക്ഷെ ഇവിടെ രണ്ടവിദ്യ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം വും അധ്യാസം കൂടാതെ ഒരു മൂലാവിദ്യയും അധ്യാസവാദികൾ പറയുന്നു അങ്ങനെ ഇല്ല അങ്ങനെ ഒരു മൂലാവിദ്യ ഇല്ല തൂലാവിദ്യയും ഇല്ല അധ്യാസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് രജതം എന്ന് പറയുന്നത് ഒരു പ്രതീതിയാണ് അല്ല അവിടെ അനുവചനീയമായ പറയുന്ന ഒരു വസ്തു ഇല്ല അതാണ് അധ്യാസവാദി പറയുന്നത് അവസ്ഥ തുര്യൻ എന്ന് പറയുന്നത് എല്ലാവരും സ്വീകരിക്കുന്നു തുര്യൻ എന്ന് പറയുന്നത് പ്രശ്നമുണ്ട് പിന്നെ മൂലാവിദ്യാവാദികളാണ് സമാധി അംഗീകരിക്കുന്നത് അവർക്ക് സമാധി ഉണ്ടായാലേ മൂലാവിദ്യ നശിക്കത്തുള്ളൂ മൂലാവിദ്യ നശിക്കുന്ന എന്ത് വേണം സമാധി വേണം പിന്നെ അതിന് പല പല അപ്ര വ്യത്യാസങ്ങളും പല പല കാര്യങ്ങളുണ്ടല്ല അദ്ദേഹം എന്ന് പറയുന്നത് എല്ലാവരും എല്ലാ അദ്വൈതികളും ചേർന്ന് സമ്മതിച്ചിരിക്കുന്ന ഒരു സിദ്ധാന്ത പല ആചാര്യന്മാർക്കും അതിനകത്ത് പല സിദ്ധാന്തങ്ങളും ഉള്ള അത് സാമാന്യമായ രീതി പറഞ്ഞു നമുക്ക് അതിന്റെ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ അതുമായിട്ടൊന്നും എന്താ ശ് അതെല്ലാം പിന്നെ അതിനെങ്ങനെ ഏത് രീതിയിലാണോ വ്യാഖ്യാനിക്കാം വ്യാഖ്യാനിക്കുന്നവരുടെ സാമർഥ്യം കൊണ്ടിരിക്കും ദൈവദശമൊക്കെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക അദ്വൈതമായിട്ടോ ഇഷ്ടാദ്വൈതമായിട്ടോ ഒക്കെ വ്യാഖ്യാനിക്കാം അത് വ്യാഖ്യാനിക്കുന്ന സാമർഥ്യമാണോ ഉപനിഷത്ത് പോലെ തന്നെ ഉപനിഷത്തിന് എങ്ങനെയാണോ വ്യാഖ്യാനിക്കുക ആർത്ഥമൊക്കെ അതിലുണ്ടോയെന്ന് അങ്ങനെയും നമുക്ക് വ്യാഖ്യാനിക്കാം ഓരോരുത്തരുടെ സാമർഥ്യമാണ് മാറ്റി വെക്കാം എന്ത് വ്യാഖ്യാനിക്കുന്നവരല്ലേ വ്യാഖ്യാനിക്കുന്ന പോലെയാണ് വെച്ചിട്ട് അദ്വീതി അതെന്ന് പറയാൻ പറ്റിയിട്ട സ്തോത്രകൃതികളൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അദ്വീതി അല്ലെന്ന് പറയാം ോത്രീതികളിലൊക്കെ ഒരു ശിവനോടും മുരുകനോടും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അവവിയോടൊക്കെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ധൈര്യം ആണെന്ന് പറയാം വെച്ചിട്ട് ധൈര്യം എന്ന് പറയാൻ പറ്റും എന്ന് പറയാം അതൊക്കെ പിന്നെ അങ്ങനെ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നു അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ദ്വീയത്തിനങ്ങനെ പല വഴികളുണ്ടോന്നാണ് അറിഞ്ഞിരിക്കും പറഞ്ഞു അതിർഹേതോ പ്രഹാ ആത്മീകവിദ്യ പ്രതിപത്തേ വേദാന്ത ആരഭ്യ എന്താ ആത്മവിഷയ സമീചീനത്തെ സതി ബ്രഹ്മണോ ജാതെ നിഷ്പ്രയോജനവാസ സാ അസ്മത്പ്രയസ് അസ്മ്രയെന്നു ജാനം നോധം ആത്മവിഷയ അതിന്റെ വിഷയം എന്താണ് ആത്മാവാണ് ഞാൻ എന്നറിയുന്ന ആത്മാവിനെയാണെങ്കിൽ സമീചത്വം അത് പ്രമേയാണെങ്കിൽ ഞാനെന്ന് ഞാൻ അറിയുന്നു അപ്പൊ ആത്മാവിനെയാണോ അറിയുന്നത് അറിയുന്നത് എങ്കിൽ അത് പ്രമേയാണെങ്കിൽ അതാണ് അസ്മത് പ്രത്യസ്യ ആത്മവിശയസ്യ സമീചനത്വ സ്ഥിതി ഞാനെന്നുള്ള ഈ ബോധം പ്രമേയാണെങ്കിൽ ബ്രഹ്മണോ ജ്ഞാതത്വോ അപ്പൊ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞു ഞാനെന്ന് ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞു നിഷ്പ്രയോജനത്വച്ച ന ജിജ്ഞാസ പിന്നെ ബ്രഹ്മത്തെ അറിഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല കാരണം അറിഞ്ഞുകഴിഞ്ഞു ഞാനങ്ങ് ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞു ഇനി അറിഞ്ഞിട്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല അതുകൊണ്ട് എന്താണ് ബ്രഹ്മജിജ്ഞാസ ഉണ്ടാകത്തില്ല ബ്രഹ്മത്തെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകില്ല തത് അഭാവേച്ച നാം ബ്രഹ്മജ്ഞാനായ വേദാന്താഹ പഠ്യരൻ ജിജ്ഞാസ ഇല്ലെങ്കിൽ ജിജ്ഞാസ ഇല്ല എന്ന് പറഞ്ഞാൽ തദഭാവെന്ന് ബ്രഹ്മജ്ഞാനായ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി വേദാന്താന പഠ്യേരൻ വേദാന്തം പഠിക്കത്തില്ല വേദാന്തം എന്ന് വെച്ചാൽ ഉപനിഷത്ത് ഉപനിഷത്തുകൾ പിന്നെ അധ്യയനം ചെയ്യത്തില്ല പഠിക്കുകയെന്നുവെച്ചുകൂടെ അധ്യയനം ചെയ്യാണ് പുനിഷത്തുകൾ അധ്യയനം ചെയ്യുന്ന എന്തിന് ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി പക്ഷേ ജിജ്ഞാസയില്ലെങ്കിൽ ബ്രഹ്മത്തെ അറിയുന്ന ആഗ്രഹമില്ലെങ്കിൽ പിന്നാലും എന്താണ് ഇത് അധ്യയനം ചെയ്യത്തില്ല മറിച്ച് അവിപക്ഷിതാര് ഉപയോഗീരൻ അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ തത്വമസ്യാഹം ബ്രഹ്മസിംഗി എന്നൊക്കെ അത് ആ അർത്ഥത്തിൽ താല്പര്യമുണ്ട് വിവക്ഷിതാർത്ഥമാണ് ആത്മാവിനൊക്കെ കുറിച്ച് എല്ലാം പറഞ്ഞിരിക്കുന്നത് താല്പര്യത്തോടുകൂടി പറഞ്ഞിരിക്കുന്ന ആ താല്പര്യത്തിലല്ല അതെല്ലാം പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ എന്തിനു വേണ്ടി വേദ വേദത്തില ഉപനിഷദ് ഭാഗം എന്തിനു വേണ്ടിയിട്ട് ജപമാത്രേ ഉപയോഗിച്ചു കർമ്മങ്ങളിലും മറ്റും ചെയ്യുമ്പോൾ എന്താണ് ജപത്തിനു വേണ്ടി ഉപയോഗിക്കാം പ്രണവവും മറ്റും ജപിക്കുന്നു പൂരോക്ഷി ഇപ്പോൾ എന്താണ് അഹം എന്നുള്ള ഈ ബോധം ശരിയായ ബോധം പ്രമേയാണെങ്കിൽ ബ്രഹ്മം അറിഞ്ഞും പിന്നെ അറിഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല അതുകൊണ്ട് അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാകത്തില്ല ബ്രഹ്മ ജിജ്ഞാസ ഉണ്ടാകത്തില്ല ഇനി അടുത്ത് ബ്രഹ്മജിജ്ഞാസയെ കുറിച്ചാണ് പറയുന്നത് ജിജ്ഞാസയില്ലെങ്കിൽ പിന്നെ ബ്രഹ്മത്തെ അറിയാൻ വേണ്ടി ആരും ഉപനിഷത്തുകൾ പഠിക്കത്തില്ല പിന്നെ ഉപനിഷത്തുകൾ എന്തിനു വേണ്ടി അത് ഈ ബ്രഹ്മജ്ഞാനം ഒന്നുമല്ല എന്റെ താല്പര്യം അത് കേവലം ജപത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കർമ്മം ചെയ്യുമ്പോൾ ജപം ജപിക്കാറുണ്ട് വൈദിക മന്ത്രം അതിനുവേണ്ടിയിട്ടുള്ളതാണ് എന്ന് കുർബം തഥാ ഔപനിഷത് ആത്മപ്രത്യ പ്രമാണതാം അശ്വിനത്തെ അങ്ങനെയാണെങ്കിൽ എന്തുവരുന്നു ഔപനിഷിതമായ ഉപനിഷപ്രോക്തമായ ആത്മപ്രത്യത്മജ്ഞാനം പ്രമാണതാം അശ്രുതയെ അത് പ്രമേയാകത്തില്ല അങ്ങനെയാണെങ്കിൽ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മപ്രത്യോമിച്ച ആത്മജ്ഞാനം അത് പ്രമേയാകത്തില്ല എന്തുകൊണ്ട് അവിടെ വിവക്ഷിതമായ അർത്ഥം ആത്മാവെന്നു അല്ല അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ജപത്തിന് വേണ്ടിയിട്ടുള്ളതാണ് മനുഷ്യത്തിൽ പറയുന്ന ആത്മാവും മറ്റും എന്താണ് ആത്മ ഞാനും പ്രമേയല്ലാതായിത്തീരും എന്നുവെച്ചാൽ അസൗ അപ്രമാണം അഭ്യസ്ഥോതി ർത്തൃത്വഭോക്താദി ആത്മനോ അഭിനയം അർഹതേ എന്നുവച്ച അസൗ ഇതേ അഹംബോധം ആത്മബോധം എന്നുവിടെ ഇന്നുകൂടെ അഹംബോധത്തെയാണ് പൂർവക്ഷി പറയാണ് എന്നുവെച്ചാൽ അസൗ ഈ അഹംബോധം ആത്മബോധം അപ്രമാണം അത് പ്രമേന ഇപ്പൊ പറഞ്ഞല്ലോ അത് പ്രമ അല്ല അഹമെന്ന് പറയുന്നത് അതുകൊണ്ടത് അറിഞ്ഞുകഴിഞ്ഞെങ്കിൽ ഇനി ജിജ്ഞാസ ഉണ്ടാകത്തില്ല ഇപ്പൊ ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുവരും അത് പ്രമേയല്ലാതാവും പ്രമേയല്ലാതായി കഴിഞ്ഞാൽ അഭ്യസ്തോബി അതിൽ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരുന്നാലും അഹംബോധത്തെ അഹമഹമെന്ന് നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരുന്നാലും വാസ്തവം കർത്തൃത്വഭോക്തൃത്വാദി ആത്മനോ അഭനയത് അർഹത ആത്മാവിന്റെ പരമാർത്ഥത്തിലുള്ള കർത്തൃത്വഭോക്തൃത്വാദികളെ നിഷേധിക്കുന്നതിന് കഴിയില്ല എന്തുകൊണ്ട് അപ്രമേയായ ഒരു ഞാൻ പ്രമേയല്ലാത്ത ഒരു ഞാൻ അഹമെന്നുള്ളത് ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് വീട്ടിലും അഹമഹമഹമെന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ഇപ്പോഴത്തെ അനുഭവം എന്താണ് അഹം കർത്താഹം ഭോക്തന്നാണ് ഇതൊന്നും മാറിപ്പോകത്തില്ല എന്തുകൊണ്ട് ഇത് പ്രമേയല്ലാത്തോന്നു അപ്രമേയായതുകൊണ്ട് അപ്രമേ ആവർത്തിച്ചിട്ട് എന്താ ഭ്രാന്തിയാണ് ഭ്രാന്തി ആവർത്തിച്ചോണ്ട് എന്തെങ്കിലും വ്യത്യാസം വരും കർത്തൃത്വഭോക്തൃത്വാദി ആത്മനോ അവിനോദം അർഹത അതൊന്നും നിഷേധിക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ട് ആരോപിതം ഹി രൂപം തത്വജ്ഞാനേന അബോധ്യത ആരോപിതമായ ഒരു രൂപ താണ് തത്വജ്ഞാനം കൊണ്ട് നിഷേധിക്കാൻ കഴിയുന്നത് വാസ്തവമല്ലെങ്കിൽ അതിനെ നിഷേധിക്കാൻ പറ്റും തത്വജ്ഞാനം കൊണ്ട് അതുപോലെ രജ്ജുവിന് സർപ്പം ആ സർപ്പജ്ഞാനത്തെ രജ്ജുജ്ഞാനം എന്ന് പറയും നിഷേധിക്കാം പറഞ്ഞത് ആരോപിതം ഹിരൂപം ആരോപിതമായ രൂപത്തെ തത്വജ്ഞാനം കൊണ്ട് നിഷേധിക്കാം അതോ വാസ്തവം ആ തത്വജ്ഞാനാണ് പക്ഷെ വാസ്തവ രൂപത്തെ തത്വജ്ഞാനം കൊണ്ട് നിഷേധിക്കാൻ പറ്റില്ല യഥാർത്ഥമായ രൂപത്തെ ഭ്രാന്തിയാണെങ്കിലേ നിരാകരിക്കാൻ പറ്റും യഥാർത്ഥമാണെങ്കിൽ തത്വജ്ഞാനം കൊണ്ട് അതത്വജ്ഞാനേന വാസ്തവത്തെ അതത്വജ്ഞാനം കൊണ്ട് നിക്ഷേപിക്കാൻ പറ്റുള്ളൂ ഇപ്പോ അഹം എന്ന് പറയുന്നത് വാസ്തവമായ ആത്മാവിനെ ബോധിപ്പിക്കുകയാണെങ്കിൽ അതിന് എന്താണ് ആ തത്വജ്ഞാനം കൊണ്ട് അതിന് നിഷേധിക്കാൻ കഴിയത്തില്ല അനുദാഹരണം കൊടുക്കും അടുത്ത് സഹസ്രമതി സർപ്പധാരാപ്രത്യാഹ അപകടം കൊടുക്കുകയാണ് രജ്വല രജിത്വം അതിനെ സർപ്പജ്ഞാനം കൊണ്ട് ആ രജിത്വത്തെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല അതാണ് എന്താണ് വാസ്തവം രജുവലെ രജിത്വം വാസ്തവമാണ് അത് ആ തത്വജ്ഞാനേ സർപ്പജ്ഞാനം കൊണ്ടാണ് നിഷേധിക്കാൻ പറ്റത്തില്ല എത്ര സർപ്പജ്ഞാനം ഉണ്ടായാലും രജ്ജുവിന്റെ രജിത്വവും ഇല്ലാതാവാത്തില്ല രജുരജ്ജിന് തന്നെയാണ് രജ്ജുവിനെ എത്ര തവണ സർപ്പം എന്ന് കണ്ടു കഴിഞ്ഞാല് ശരി രജ്ജു രജ്ജു തന്നെ അതാണ് ഇവിടെ പറഞ്ഞത് വാസ്തവം ആ തത്വം ഞാനേനാണ് വാസ്തവമായ ഒന്നിനെ ആ തത്വം ഞാനും ഭ്രാന്തിജ്ഞാനും കൊണ്ട് ാണ്പ്രഹ എത്രം സമുസഹത്തെ സർപ്പജ്ഞാനം കൊണ്ട് നിഷേധിക്കാൻ കഴിയത്തില്ല മിഥ്യാജ്ഞാന പ്രസഞ്ചിതരൂപം സഖ്യം തത്വജ്ഞാനം മിഥ്യാജ്ഞാനം കൊണ്ട് ആരോപിക്കപ്പെട്ട ഒരു രൂപമാണെങ്കിൽ തത്വജ്ഞാനം കൊണ്ട് അതിനെ നിഷേധിക്കാം അന്ന് പറയുന്നു മിഥ്യാജ്ഞാന പ്രസഞ്ചിതം പ്രസഞ്ജിതം എന്ന് വെച്ചാൽ ആരോപിക്കാം മിഥ്യാജ്ഞാനം കൊണ്ട് കല്പിതമായ ഒരു രൂപത്തെ തത്വജ്ഞാനും ശക്തി തത്വജ്ഞാനം കൊണ്ട് നിഷേധിക്കാം ഉദാഹരണം പറയുന്നു എന്താണ് മിഥ്യാജ്ഞാന പ്രസഞ്ചിതം രജുവല സർപ്പം രൂപത്തെ സർപ്പത്തെ ചെയ്യാൻ മിഥ്യാജ്ഞാന സംസ്കാരോപി തത്വജ്ഞാന സംസ്കാരേണ ആദര നൈതന്ദര്യ ദീർഘകാല തത്വജ്ഞാന അഭ്യാസ ജന്മന പൂർവ്വത്തോട് അന്വേഷിക്കണം അവധിതും സഖ്യം മിഥ്യാജ്ഞാന സംസ്കാര സംസ്കാരം സുദൃഢോപി എത്ര ദൃഢമുള്ളതാണെങ്കിലും ശരി തത്വം തത്വജ്ഞാന സംസ്കാരം കൊണ്ടില്ലാതെ തത്വജ്ഞാന സംസ്കാരം കൊണ്ട് നശിപ്പിക്കണം അതെങ്ങനെ യോഗശാസ്ത്രത്തിൽ പറയുന്ന ഒരു ആദരം നൈരന്തര്യം ദീർഘകാല തത്വജ്ഞാനം കൊണ്ടുണ്ടാകുന്ന തത്വജ്ഞാന സംസ്കാരം കൊണ്ട് തത്വജ്ഞാന ജന്മനാ തത്വത്തിൽ നിന്നും ഉണ്ടാകുന്നതായ തത്വ സംസ്കാരം കൊണ്ട് എങ്ങനെ ഉള്ളത് ആ തത്വം ആദരപൂർവ്വം ദൃഢൂമിയ പറയണം അത് നൈരന്തര്യ ദീർഘകാലം നൈരന്തര്യ സംസ്കാര ആശയവിധവും പറയുന്നു തത്വജ്ഞാന സംസ്കാര സംസ്കാരം കൊണ്ട് അതെങ്ങനെയുള്ളതായിരിക്കണോ ആദരം ഉള്ളതായ ശ്രദ്ധയോടുകൂടിയായിരിക്കണം നൈരന്തര്യമായിരിക്കണം ദീർഘകാലം അങ്ങനെയുള്ള തത്വജ്ഞാന അഭ്യാസ ജന്മന തത്വജ്ഞാനാഭ്യാസത്തിൽ നിന്നുണ്ടാകുന്ന സംസ്കാരം കൊണ്ട് എന്തായിരുന്നു വിദ്യ ഞാൻ സംസ്കാരത്തെ ഇല്ലാതാക്കാം എന്നർത്ഥം ഉപനിഷത്തുകളിൽ പ്രാണ ഉപാസന പോലുള്ള ഉപാസനകളും പറയുന്നുണ്ട് സമ്പർക്ക വിദ്യ പോലെയുള്ള പലതരത്തിലുള്ള ഉപാസനകൾ പറയുന്നുണ്ട് തത് കഥം സർവേഷാം വേദാന്താന ആത്മീകത്വ പ്രതിപാദനോർത്ഥം എല്ലാ വേദാന്തങ്ങളുടെയും താല്പര്യം ഉപനിഷത്തുകളുടെ താല്പര്യം ആത്മീകത്വ പ്രതിഭാദമാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞു കാരണം ഉപനിഷത്ത് തന്നെ എന്താണ് ഉപാസനകളും കാണുന്നുണ്ട് അവിടെ ആത്മീയകത്വത്തെ അല്ല പറയുന്നു പ്രാണനെ ഉപാസിക്കാൻ പറയുന്നു അപ്പൊ അവിടെ എന്താണ് ആത്മീയകത്വം ഞാനും അല്ലെങ്കിൽ അവനുപാസനയാണ് ധ്യാനിക്കാൻ പറയുന്നു ആണ് പ്രാണാന്തി ഉപാസനാവി പ്രാണാതി ഉപാസനയും വേദാന്തേഷനിഷത്തുകളിൽ ബോളവലഭ്യന്ത ധാരാളം കാണുന്നുണ്ട് തത്കഥം പിന്നെ എങ്ങനെയാണ് സർവേഷാം വേദാന്ത പ്രതിപാദനം സർവ ഉപനിഷത്തുകളും ആത്മീയത്വത്തെക്കുറിച്ച് പറയുന്നു എന്ന് പറയുന്നത് അതിന് പറയുന്നു യഥാചായമർ ഈ കാര്യം വേദാന്താനം യഥാചായമർത്ഥ തഥ സർവോപനിഷത്തുകളും ആത്മീയത്വത്തെയാണ് പറയുന്നത് എന്നുള്ള കാര്യം യം ഞാൻ ശാരീരിക മീമാസൂത്രത്തിൽ പ്രദർശ്യാമ കാണിച്ചു തരാം വ്യക്തമാക്കി തരാം എന്ത് വ്യക്തമാക്കി തരാമെന്ന് അയമർത്ഥം ഈ അർത്ഥം ഏതർത്ഥം എല്ലാ വേദാന്തങ്ങളും പക്ഷത്തുകളും ആത്മീയത്വത്തെ കുറിച്ചാണ് പറയുന്നത് ഇനി മുമ്പോട്ട് വരുമ്പോ ശാരീരിക മീമാരാർത്ഥം വിത്യതഹ യഥാ ചായർത്ഥവ സർവേഷം വേദാന്തം ഭാമതീത് തഥാ വയമ ശാരീരികമീമാ ശേഷിയാ ശരീരമേവ ശരീരം ശരീരത്തിന് തന്നെ ശരീരം എന്ന് പറയും സ്വാർത്ഥത്തിൽ കൺപൃത്യം വന്നിരിക്കുകയാണ് അതാണ് എന്ത് പറയുന്നത് ശരീരമേവ ശരീരം എന്ന് വെച്ചാൽ ശാരീരക മീമാംസ എങ്ങനെ വന്നു കാണിക്കാണ് ശരീരമേവ ശരീരകം ശരീരത്തിന് തന്നെയാണ് എന്തുപറയുന്നത് ശരീരകം തത്ര നിവാസി ആ ശരീരത്തിന് വസിക്കുന്നവൻ ശാരീരകോ ജീവാത്മാ അവനാണ് എന്തുപറയുന്നത് ശരീരം ജീവാത്മാവ് അപ്പൊ ശാരീരകം എന്ന് പറഞ്ഞാരായി ജീവാത്മാവായി തസ്യ പരമാത്മ രൂപത മീമാംസോക്ത അപ്പൊ ഇനി മീമാംസ എന്താണെന്ന് പറയുന്നു തസ്യ തൊമ്പത അഭിധേയസ്യ തുമ്പതത്തിന്റെ ജീവാത്മാ ജീവാത്മാ തൊമ്പതത്തിന്റെ അർത്ഥമാണ് തത്വമസ്യയിലെ തൊമ്പതത്തിന്റെ അർത്ഥം എന്താണ് ജീവാത്മാ അതാണ് ജീവാത്മാ തസ്യ മ്പതത്തിന്റെ അർത്ഥം ആണ് ആ ജീവാത്മാ തത്പ അഭിഥേയ രൂപതാ മീമാംസ അത് തന്നെയാണ് തത്പഥത്തിന്റെ അഭിധേയ അർത്ഥമായിരിക്കുന്ന പരമാത്മാവ് തൊമ്പതത്തിന്റെ അർത്ഥമായിരിക്കുന്ന ജീവാത്മാവ് തന്നെയാണ് തത്പഥത്തിന്റെ അർത്ഥമായിരിക്കുന്ന പരമാത്മാവതാണ് തത്പദ അഭിധേയ പരമാത്മ രൂപതാ മീമാംസ എന്നുള്ള വിചാരം മീമാംസ എന്ന് പറഞ്ഞാൽ മായ വിചാരം യാ അതിനാണ് സ തഥോക്തഅ അതിനാണ് ശാരീരക മീമാംസെന്ന് പറയുന്നു അപ്പൊ ശരീരം എന്ന് പറഞ്ഞാൽ ശരീരം തന്നെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരീരം തന്നെ ശരീരത്തെ തന്നെയാണ് സ്വാർത്ഥത്തിൽ കാപ്പുറത്തേം ഒന്ന് ശരീരകം എന്ന് വെച്ചാൽ ശരീരം തത്ര നിവാസി എവിടെ സ്ഥിതി ചെയ്യുന്നവനാണെന്ത ശരീരകൻ അതാണ് ജീവാത്മാ പിന്നെ അങ്ങനെയുള്ള ജീവാത്മനഹ വിചാരം ആ ജീവാത്മാവിന്റെ വിചാരത്തിനെന്ന് പറയുന്നത് ശാരീരുന്നത് ഏതവാനത്ര അർത്ഥ സംശയം ഇനി ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറയും ഇത്രയും കൊണ്ട് എന്താണ് അധ്യാസ ഭാഷ ഭാഷത്തിന്റെ അവസാനം ഇപ്പോൾ വായിച്ചു ഉം mm.